ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് ജീവിക്കുന്നു അവൻ നമ്മുടെ പുറകിലും അവൻ നമ്മുടെ മുമ്പിലും അവൻ നമ്മുടെ നടുവിലും നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് കരുതുന്ന ആ ഒരു നല്ല ദൈവത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു നമ്മൾ പ്രത്യേക ഈ വർഷം ആരംഭിച്ചപ്പോൾ അനേക വാഗ്ദാനങ്ങളും നമ്മൾ ഓരോ ആഴ്ച ഓരോ വാക്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല എങ്കിലും ഒരാഴ്ച ഒരു വാഗ്ദാനമാണെങ്കിൽ ഒരു അതിനുശേഷം ഒരു ചെറിയ ദൈവത്തിൻ്റെ കൽപ്പനകളായിരുന്നു നമ്മൾ പിറ്റേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ു പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാരം നമ്മുടെ ഭാരങ്ങൾ കർത്താവ് ചുമക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ തന്നെ ഈ ഭാരങ്ങളെല്ലാം കർത്താവ് ചുമക്കുമ്പോൾ തന്നെ ഇതിന് ശേഷം കർത്താവ് നമ്മളോട് പറയുന്ന ചെറിയ ചില ഭാരങ്ങളുണ്ട് അത് നമ്മൾ ചുമക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ് പറഞ്ഞാൽ സൗഭ്യതയും താഴ്മയുള്ളവനാകണം എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും ചുമട് ലഘുവവും അപ്പോൾ കർത്താവ് നമ്മുടെ വലിയ ഭാരങ്ങളെല്ലാം അധ്വാനിച്ച് ഭാരം ചുമക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരാളുടെ ഭാരമെല്ലാം കർത്താവ് ചുമന്നിട്ട് കർത്താവ് വേറൊരു ചെറിയ കാര്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ ചെറിയൊരു ഭാരം ചുമക്കാനാണ് ഇവിടെ കർത്താവ് പറയുന്നത് എന്നാലത് കർത്താവ് തന്നെ എന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ മുഖം മൃദുവും ചുമട് ലഘുവവും അപ്പോൾ ഈ കർത്താവിനെ പിൻഗിക്കുമ്പോൾ കർത്താവിൻ്റെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ നമ്മുടേതായ എല്ലാ ഭാരങ്ങളും കർത്താവ് തന്നെ ചുമന്നിരിക്കുകയാണ് നമ്മൾ പിന്നെ അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നാൽ ഇതോടൊപ്പം കർത്താവ് നമ്മളെ ചുമതലപ്പെടുത്തുന്ന ചില ഭാരങ്ങളുണ്ട് അത് നമ്മൾ ചുമക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും ഗലാത്തിലേഖന് ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി അങ്ങനെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പി അപ്പം നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവ് ചുമന്നു അപ്പം തന്നെ നമുക്കൊരു ഉത്തരവാദിത്വം കർത്താവ് തന്നിരിക്കുകയാണ് മറ്റുള്ളവരുടെ ഭാരങ്ങളിൽ നമ്മൾ ഒരു കൈ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ആ ഭാരത്തിനൊരു അല്പം വഹിക്കാനായിട്ട് കർത്താവ് നമ്മളോട് കൽപ്പിക്കുക അത് നമ്മുടെ ഒരു കടമയായിട്ട് കർത്താവ് നമ്മളോട് പറയുക അതുപോലെ കർത്താവിൻ്റെ പാതയിൽ നമ്മൾ പിൻഗമിക്കുമ്പോൾ നമുക്ക് അവസാനം വരെ ചുമക്കേണ്ട ഒരു ഭാരമാണ് നിന്നയുടെ ഭാരം അല്ലെങ്കിൽ ലജ്ജാ ഭാരം നിന്ന ചുമന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകാൻ ഈ ഭാരം കർത്താവ് ഒരിക്കലും നമ്മളിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ചുമക്കേണ്ട ഒരു ഭാരമാണ് കർത്താവിൻ്റെ നിന്ന അത് നിന്ന മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഭയപ്പെടണം ലോകം നമ്മളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നിന്ന മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയും ഈ നിന്ന് ചുമക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം സെഫന്യാവും മൂന്നിൻ്റെ പതിനെട്ട് ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരെ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തോളു അപ്പോൾ കർത്താവിനെ പിൻഗമിക്കാൻ ഒരു വലിയ സമൂഹത്തെയൊക്കെ വിട്ട് നമ്മളിറങ്ങുമ്പോൾ നമുക്ക് നിരന്തരമായി ഉണ്ടാകുന്നൊരു കാര്യമാണ് ലജ്ജ അല്ലെ നിന്ന ഈ ഭാരം വഹിച്ചു കൊള്ളുന്നവരെ കർത്താവ് ചേർത്തുകൊള്ളും ഈ ഭാരം നമ്മുടെ മേൽ അത് പൂർണമായിട്ട് ദൈവം നീക്കാൻ നമ്മളൊന്നും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അത് നമ്മളെപ്പോഴും ചുമക്കണം ഈ നിന്നയും ലജ്ജയും നമ്മൾ ചുമക്കണവും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ വെളിപ്പാട് ദിവസം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്കിയും വേറൊരു ഭാരം ഞാൻ നിങ്ങളെ കുറി വെക്കുന്നില്ല എന്നാണിവിടെ ആ തുയത്തേരയിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യം അതായത് നിനക്കുള്ളത് നീ നിൻ്റെ അവസാനത്തോളം മുറക് ഈ ഭാരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചം അത് പലർക്കും പല നിലയിലായിരിക്കാം പലർക്കും പല അളവിലായിരിക്കാം എന്നാൽ നമുക്ക് ലഭിച്ച വെളിച്ചം അവസാനത്തോളം പിടിക്കാനുള്ളതായൊരു ഭാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് തുയത്തെ സഭയ്ക്ക് പറയുന്നു കൂടുതലൊന്നും നമുക്കറിയില്ലായിരിക്കും സാത്താൻ്റെ ആഴങ്ങളൊന്നും അറിയില്ലായിരിക്കാം എന്നൊക്കെ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അറിയുന്ന കാര്യങ്ങൾ അല്ലേ ദൈവം നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളെ അറിയിച്ച കാര്യങ്ങളെ സൂക്ഷിക്കാനുള്ള ഒരു ഭാരം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കും അതുപോലെ വിഷയ പ്രവചനം അമ്പത്തെട്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമ്മക്കേറുകളെയൊക്കെ അഴിക്കുക എല്ലാം മുഖത്തെയും തറക്കുക തകർക്കുക ഇതല്ലയോ എനിക്ക് പ്രസാദമുള്ള നമ്മൾ ഉപവാസത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ വാക്യങ്ങളൊക്കെ ചിന്തിക്കാനിടയായി അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചിരിക്കുന്ന ഭാരങ്ങളൊക്കെ നമ്മൾ നീക്കേണ്ടതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കർത്താവ് രൂപമ്മ പറഞ്ഞൊരു വളരെ ക്ഷമ കൊടുത്ത ഒരാളെക്കുറിച്ച് ഒരു രൂപമ്മ പറഞ്ഞു വളരെ തുക കടമുണ്ടായ ഒരാൾക്ക് ആ യജമാനൻ ക്ഷമിച്ചു കൊടുത്തു എന്നാലേ കടപ്പെട്ടയാൾ ആ ക്ഷമയൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോൾ വഴിയിൽ കണ്ട തൻ്റെ കൂട്ടുകാരനോട് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് തന്നോട് വളരെ കർശനമായി ഇടപെടുകയും തനിക്കെതിരെ കേസ് അല്ലെങ്കിൽ തടവിലാക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിരിക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ വച്ചിരിക്കുന്ന ഭാരങ്ങൾക്ക് ന്യായമെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും അതിനെയും നീക്കിക്കളയാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനത്തിന് നമ്മൾ അവകാശികളായിരിക്കുന്ന പോലെ ദൈവീകമായ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ